പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ കപടവിശ്വാസികൾ നിങ്ങളുടെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയും തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻറെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും താങ്കൾ അവൻറെ ദൂതനാണെന്ന് അല്ലാഹു സുബഹാനഹുവചായ അറിയുന്നു കപടവിശ്വാസികൾ തീർച്ചയായും കളവു പറയുന്നവരാണെന്ന് അള്ളാഹു സുബഹാനഹുവചായാല സാക്ഷ്യം വഹിക്കുന്നു